എന്റെ മക്കളെ നിങ്ങൾ പോയി യൂസഫിനെയും അവൻറെ സഹോദരനെയും അന്വേഷിക്കുക അല്ലാഹു സുബഹാനഹു വറ്റ് ആലായുടെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് തീർച്ചയായും സത്യനിഷേധികളായ ജനങ്ങൾ മാത്രമാണ് അള്ളാഹു സുബെഹാനഹുവറ്റലായുടെ കാരുണ്യത്തിൽ നിരാശരാകുന്നത്